ഇവരുടെ ഉപലംഭകം എന്താണ് എന്നാണ് ചോദ്യം നമ്മൾ തമസിനെ ആലോക വിരോധിയായ രൂപവത് ദ്രവ്യമായി സ്വീകരിച്ചാൽ അതിൻ്റെ ചാക്ഷുഷ പ്രത്യക്ഷ എങ്ങനെയുണ്ടാവും ഉപലംഭകമുണ്ടെന്നു അദ്വൈതി പറയുന്നത് തമസിനെ ആലോക അഭാവമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ ആലോക സഹായമില്ലാതെ അതിന്റെ പ്രത്യക്ഷത്തെ അംഗീകരിക്കേണ്ടി അതുപോലെ തമസിനെ രൂപവത്തായ ദ്രവുമായി സ്വീകരിച്ചു ആലോക സഹായം കൂടാതെ തന്നെ അതിന്റെ ചാക്ഷ്യപ്രത്യക്ഷ ഉണ്ടാകണം ഉണ്ടായതീ അവിടെ ആലോകാഭാവം അതിന്റെ വ്യഞ്ചകമാകും നിങ്ങൾക്ക് അഭാവത്തെ സംബന്ധിച്ച് ആലോക സഹായം വേണ്ടെങ്കിൽ ഇവിടെ തമോദ്രവ്യത്തെ സംബന്ധിച്ചും ആലോകസഹായം വേണ്ട ഇതിനാണ് പ്രതിബന്ധി ഉത്തരവെന്ന് പറയുന്നത് പ്രതിബന്ധി ഉത്തരം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ സമാനം വിരോധ്യുത്തരം എന്നാണ് പ്രതിബന്ധിത്തരം സമാനമായ ഒരു ഉത്തരം പറയുക അത് വിരോധ്യുത്തരവുമാണ് സാധാരണ ആൾക്കാർ വഴക്കം കൊടുമ്പം ആഹാ നീ എന്റെ തന്തയ്ക്ക് പറഞ്ഞുകാനും നിന്റെ പറയും ഒരു ലൗകിക ന്യായം നീ അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാനും പറയും അത് തന്നെ അസതുത്തരം എന്ന് പറയുന്നു പേരുകൊണ്ട് തന്നെ അറിയാതെ അത്രങ്ങനെ പറയുന്നത്ര ശരിയല്ലേ ശരിയാണ് അവന് വിവരമില്ലാത്ത കൊണ്ട് പറഞ്ഞു തിരിച്ചു പറയുന്ന മര്യാദയല്ല പക്ഷേ എന്തിനാ പറയുന്നത് എങ്ങനെയും ജയിക്കുക ജയിക്കാൻ വേണ്ടി ചിലപ്പോൾ അതും പറയാപ്പുറവും പറയും ഫാദറിനെയും വിളിക്കും ഫാദറിൻ്റെ ഫാദറിനെയും വിളിക്കും അതിനാണ് പറയുന്നത് എന്താണോ സമാനം വിരോധ്യുത്തരം സമാനം വിരോധ്യത്തരം അതാണെന്ത് പ്രതിബന്ധി പല സ്ഥലത്ത് ഇങ്ങനെ ഇത് വാദത്തിൽ അംഗീകരിച്ചിട്ടുള്ള കാര്യ പ്രതിബന്ധി പറയാൻ പറയുന്ന ദോഷമുണ്ട് അതുകൊണ്ടാണ് അത് ഇത് ധൈര്യമായി പറയുന്നത് വാദത്തിൽ തന്നെ സാത്വികം രാജസം താമസം ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങളുണ്ട് എന്താണോ വാക്കിന് വാക്ക് പറയുക അസു പ്രതിബന്ധ്യുത്തരം പറയുക വിരോ സമാനം വിരോധ്യത്തര സമാനം വിരോധ്യത്തരം എന്നാലും അദ്വൈതിക അത് പറയാതെ വരെ നിവർത്തിയില്ല ഞങ്ങൾക്കങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും അങ്ങനെയാണ് എന്ന് പറയും അയൽപൊക്കത്തെ സ്ത്രീകൾ വഴക്കൂടുന്നു നിന്റെ അയാൾ അങ്ങനെയല്ലേ അത് നിന്റെ അയാളോ അങ്ങനെയാണോ എന്ന് പറയുന്നത് രണ്ടുപേർക്കും സമാനമായി ഓ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് സമ്മതിച്ചു പിരിയുന്നു അതുപോലെ ഇവിടെ പ്രതിബന്ധി ഉത്തരം കൊടുത്ത് താർക്കികൻ്റെ വായടപ്പിച്ചു അങ്ങനെ നിയമം ഉണ്ടാണ് അപ്പോഴാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത് കണ്ണടച്ചു കഴിഞ്ഞാലും തോമസിന്റെ പ്രത്യക്ഷ ഉണ്ടാവും എന്നുള്ളൊ തർക്കൻ ചോദിക്കും താർക്കിയല്ല ആരും ഒരാൾ ചോദിച്ചു കാരണം ചാക്ഷുഷത്വം എങ്ങനെ പറയാൻ പറ്റും അവിടെ ചക്ഷ ഇന്ദ്രിയും പ്രവർത്തിക്കുന്നില്ലല്ലോ അതിന് സമാനം പറഞ്ഞു അതങ്ങനെയാണോ ചെവി അടച്ചു കഴിഞ്ഞാലും ശബ്ദം കേൾക്കുന്നത് എന്തിന്റെ ശബ്ദമാണ് ജഡരാഗ്നി ജഡരാഗ്നി ഉള്ളിൽ കിടന്ന് പാകം ചെയ്യുന്ന ശബ്ദമാണ് അരി തളയ്ക്കുന്നത് കഴിച്ച സാധനങ്ങളെല്ലാം ഉള്ളിക്കിടന്ന് പാകപ്പെടുകയാണ് അതങ്ങ് താഴെ അല്ലേ കുഴപ്പമില്ല ശ്രോണേന്ദ്രിയും പ്രാപ്യ വിഷയത്തെ പ്രാപിച്ചിട്ട് ഗ്രാഹിയാണ് ഗ്രഹിക്കുന്നതാണ് അതുകൊണ്ട് ശ്രവണേന്ദ്രിയ പോയി ആ ശബ്ദം കേട്ട് കേൾക്കുന്നു ഇതുപോലെ എന്താണ് കണ്ണടച്ചു കഴിഞ്ഞാലും ചക്ഷുരേന്ദ്രിയം കണ്ടോളും എന്ന് പറഞ്ഞു പലമ്പകം ഉണ്ട് ഇപ്പൊ അദ്വൈതി പറയണെന്താണ് ഞങ്ങൾ ജയിച്ചേ എന്നാണിപ്പോൾ അദ്വൈതി പറയും ആ ഒരു കാര്യത്തിൽ ജയിച്ചോ ഇല്ല എന്നൊക്കെയുള്ള കാര്യം ചിന്തിക്കണം എന്നാലും അദ്വൈതി പറയുക സമർത്ഥിച്ചു കഴിഞ്ഞു ഇനി അടുത്ത വിഷയത്തിലേക്ക് പോവുക എന്താണ് എത്തു ഗന്ധാഭാവേ തവ്യാപ്ത നീലരൂപമിനാതിരി തഥപിന്ന അനുഷ്ഠീത സ്ശ്ശ്രിയ പൃഥി ഗന്ധാ തദ്ദേശവീവ ഇരുട്ടിൽ നീലരൂപമുണ്ട് ശ്യാമരൂപം അപ്രത്യക്ഷമായി കാണുന്നുണ്ട് താർക്കികം പറഞ്ഞാൽ അത് ശരിയാകത്തില്ല കാരണം നീലരൂപം ഗന്ധവ്യാപ്തമാണ് എത്രയെത്ര നീലരൂപം ഗന്ധവത്വം എത്രയെത്ര ഗന്ധവത്വഅാവ നീലരൂപ അഭാവ തമസ് നോക്കുക അവിടെ ഗന്ധമുണ്ടോ ഗന്ധമില്ല പന്നിയിലൊ രൂപമില്ല ഉണ്ടാകാൻ വഴിയില്ല എന്ന് പറഞ്ഞു പറയുന്നു നിങ്ങൾ പറയുന്നത് ശരിയായ കാര്യമുണ്ട് കാരണം എത്രയെത്ര അനുഷ്ണാശീത സ്പർശം അത്രയത്ര ഗന്ധവത്വം എവിടെ പൃഥ്വി നോക്ക എത്ര എത്ര അനുഷ്ഠാശീതസ്പർശം പൃഥിവിയിലെ സ്പർശം ഉണ്ടാ അത്ര ഗന്ധവത്വം എത്രയെത്ര ഗന്ധവത്വ അഭാവ വായുവിൽ അനുഷ്ഠാസീത സ്പർശാഭാവം ഉണ്ടാ അപ്പൊ പിന്നെ എങ്ങനെ പറയാൻ പറ്റും അതായത് ന്ധവ്യാപ്തമായ നീലരൂപം ഗന്ധമില്ലാത്തടുത്തിരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഗന്ധവ്യാപ്തമായ അനുഷ്ഠാശീത സ്പർശവും ഗന്ധമില്ലാത്തടുത്തിരിക്കാൻ പാടില്ല ഒത്തോ മനസ്സിലായോ പറഞ്ഞു ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഗന്ധമില്ലാത്തടത്ത് നീലരൂപരിക്കുക ഇവിടെ തമസിൽ പുളികുട്ടിയോ അദ്വൈതി പറയുന്ന പൊടികുട്ടിയോ നീലരൂപം ഗന്ധം വ്യാപ്തം എത്രയെത്ര നീലരൂപം തത്രയത്ര ഗന്ധം എത്ര ഗന്ധാഭാവ നീലരൂപാഭാവം എന്നാണ് താർക്കികം പറയുന്നത് അതുകൊണ്ട് തമസിൽ നീലരൂപം പാടില്ല എന്ന് പറയണം എത്രയെത്ര അനുഷ്ഠാശീത സ്പർശം ഗന്ധവത്വം പ്രതി എത്രയെത്ര ഗന്ധ അഭാവനുഷ്ഠാശീതസ്പർശാഭാവ പറയാൻ പറ്റുമോ ഗന്ധമില്ലാത്തടത്തും ആവിനനുഷ്ഠാശീത സ്പർശീകരിക്കുന്നു അങ്ങനെ ഗന്ധമില്ലാത്തടത്ത് അതിന്റെ വ്യാപ്യമായ അനുഷ്ഠാശീതത്തിനിരിക്കാമെങ്കിൽ ഗന്ധമില്ലാത്തടത്ത് അതിന്റെ വ്യാപ്യമായ നീലരൂപത്തിനും ഇരിക്കാം ഗന്ധമില്ലാത്തടത്ത് വ്യാപ്യമായ നീലരൂപത്തിനും ഇരിക്കുക അതുകൊണ്ട് തമസ്സിൽ നീലരൂപം ഇരിക്കുന്നതിന് ഗന്ധത്തിന്റെ ആവശ്യം ഇല്ല ഒത്തോ ഒത്തില്ലേ ഒരു സംശയം പോലെ ഇരിക്കും ഇത്രയും വ്യക്തമായി അദ്വൈതി പറഞ്ഞിട്ട് സംശയം അല്ലല്ല വികല്പല്ല നേരത്തെ പറഞ്ഞതുപോലെ പ്രതിബന്ധി ഉത്തരണ്ട് പ്രതിബന്ധി ഉത്തരവെന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ദോഷമുണ്ട് ആ ദോഷം നമ്മക്കും ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്ക് സമം ഇതങ്ങനെന്താ പറയുന്നത് നിങ്ങൾ പറയുന്നതില് യുക്തിയില്ല നിങ്ങൾ പറയുന്ന എന്താണ് ഗന്ധം വ്യാപ്തമായിരിക്കുന്ന നീലരൂപം ഗന്ധമില്ലാത്തടുത്തിരിക്കത്തില്ലേരേഖ വ്യതിചാരമാണ് ആ അത് ഗന്ധാഭാവ നീലരൂപഭാവ അതുകൊണ്ട് തമസിൽ ഗന്ധമില്ല അതുകൊണ്ട് നീലരൂപം താർക്ക്യം പറയുന്നത് ഇല്ലെന്നാണ് ഗന്ധമില്ല നീലരൂപം ഇല്ല എന്നാണ് അപ്പൊ അദ്വീതി പറയുന്ന എന്താണ് നീലരൂപം നിങ്ങൾ കാണുന്നില്ലേ എന്നിട്ട് നിങ്ങൾ പറയുന്നു നിങ്ങൾ പ്രത്യക്ഷമായി കാണുന്ന നീലരൂപത്തെ ഗന്ധമില്ലാത്തോണ്ടില്ലെന്ന് യുദ്ധല്ലേ പറയുന്നു പ്രത്യക്ഷമായി കാണുന്ന ഒന്നിനെ യുക്തിയിലൂടെ നിരാകരിക്കുന്നു അങ്ങനെയാണെങ്കിൽ വായുവിൻ്റെ അനിഷ്ടാശീത സ്പർശം എന്ന് പറയുന്നത് പ്രത്യക്ഷമായി അല്ലേ യുക്തിയിലൂടെ അതിനെ നിഷേധിക്കാൻ പറ്റും എങ്ങനെ അനുഷ്ഠാശീത സ്പർശം എന്ന് പറയുന്നത് പൃഥിവിയിൽ ഗന്ധവ്യാപ്യമാണ് ഗന്ധത്തിന്റെ വ്യാപ്യമാണ് അതുകൊണ്ട് എത്രയെത്ര അനുഷ്ടാശീത സ്പർശം തത്രയത്ര ഗന്ധം പൃഥ്വിയിൽ എത്ര ഗന്ധ അഭാവ അത്ര അനുഷ്ണാശീത സ്പർശ അഭാവം എന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് വായുവിൽ പ്രത്യക്ഷമായി ഗ്രഹിക്കുന്നുണ്ട് വായുവിന്റെ സ്പർശം അംഗീകരിക്കുന്നുണ്ട് താർക്കി അംഗീകരിക്കുന്നു അപ്പൊ പ്രത്യക്ഷമായി ഗ്രഹിക്കുന്ന ഏതെന്തിലൂടെ ഗ്രഹിക്കുന്നു ഒന്നിനെ യുക്തിയിലൂടെ നിഷേധിക്കാൻ പറ്റത്തില്ല യുക്തിയിലൂടെ അങ്ങനെ നിഷേധിക്കുന്നു ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം പിന്നെ പറഞ്ഞ അംഗീകരിക്കില്ല തർക്കം സംഗ്രഹം പഠിച്ചോ വെറും നാല് പേജേ ഉള്ളൂ പഠിച്ചോ ഇല്ലയോ അങ്ങനെ തർക്കസംഗ്രഹത്തിൽ പഠിച്ചിട്ടില്ലെന്ന് ഉറപ്പാണ് അനുഷ്ണാസീത സ്പർശം അത്രേയുള്ളൂ തർക്കസംഗ്രഹത്തെ അങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പിച്ചു പറഞ്ഞാൽ പോയി തർക്ക സംഗ്രഹം എടുത്തുണ്ടെന്ന് വായിക്കേണ്ടി വരും തയ്യാറാണോ അനുഷ്ണാശീത സ്പർശ പൃഥ്വി വായുവോ പഠിച്ചിട്ടുണ്ടോ ആരെങ്കിലും എന്റെ കക്ഷിയിൽ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ പിന്നെ ഇല്ലെന്നിങ്ങനെ പറയാൻ പറ്റും അപ്പം നിങ്ങൾ അദ്വൈതികളാണ് നിങ്ങൾ ജയിക്കണം പക്ഷെ ജയിക്കാൻ വേണ്ടി കള്ളം പറയുന്നു പഠിച്ചിട്ടില്ല നിങ്ങൾ തർക്കസങ്കരത്യാങ്ങനെ പഠിച്ചിട്ടില്ലെന്ന് പറഞ്ഞാലും ജയിക്കത്തില്ല നിങ്ങൾ അദ്വൈതികളെ തന്നെ സമ്മതിച്ചു പക്ഷെ പഠിച്ചത് പഠിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ജയിക്കാൻ പറ്റത്തില്ല കാണും തർക്കസംഗരം ഇവിടെ ഇരിപ്പുണ്ട് ഇനി വരുമ്പോൾ തർക്കസംഗരം അവിടെ കൊണ്ടുവന്നു ഇങ്ങനെയുള്ള വിവാദങ്ങൾ വന്നാ നമുക്ക് അപ്പൊ തന്നെ തീർപ്പ് ഇങ്ങനെ എടുത്തു വെച്ച് വായിച്ച് പ്രശ്നം എന്താണ് വ്യാപ്തിയിൽ വരുന്നത് ഹേത്വഭാസിലെ വ്യഭിചാരം ഒരു വ്യാപ്തി പറയുമ്പോ അത് വരുന്ന ദോഷം എന്താണ് അന്വയ സഹചാരം വ്യതിരേകസഹചാരം അന്വയ വ്യഭിചാരം വ്യതിരേകാരം പറഞ്ഞിട്ടുണ്ട് എവിടെയാ പഠിച്ചത് തർക്കസംഗ്രഹത്തെ എവിടെ പഠിച്ചത് തർക്കസംഗ്രഹത്തില്ല പറയുന്നുണ്ടെങ്കിൽ എവിടെ പഠിച്ചു എന്നുകൂടെ പറയണോ ഉണ്ടെന്ന് പറഞ്ഞാലും പറയണു എവിടെയാണ് നദി തന്നെ എവിടെ പഠിച്ചത് ആ മംഗളാദന മംഗളസത്വയെ സമാപ്തി സത്വം അന്വയ സഹ അന്വയസഹചാരം ആ പറഞ്ഞു അവിടെ അന്വ വിചാരം കാണുന്നുണ്ട് എന്താണ് മംഗളസത്വയെ സമാപ്തി ഭാവ എവിടെ മംഗളസത്വ സമാപ്തി സത്വം അന്വയസഹചാരം മംഗളസത്വ സമാപ്ത്യഭാവം അന്വയ ലഭിച്ച സഹചാരത്തെ കുറിച്ച് പറഞ്ഞു എന്താണ് മംഗള അഭാവേ സമാപ്ത്യഭാവരേക സഭാരം ഉം മംഗളാഭാവേ സമാപ്തി അഭാവം അവിടെ എന്തുപറഞ്ഞു വ്യഭിചാരം കാണിച്ചു എന്താണ് മംഗള അഭാവേ സമാപ്തി സത്വം എവിടെ അഷ്ടാധ്യ കിരണാവലി അഷ്ടാധ്യയിൽ മംഗളാചരണുണ്ട് മംഗളാചരണാവലി അഷ്ടാധ്യയിലും മംഗളാചരണം എന്താണ് മംഗളാധീനി മംഗള മധ്യാനി മംഗള അന്താനിജ ശാസ്ത്രാണി എന്നാണ് ഭക്ഷ്യകാലം പറയുന്നത് അഷ്ടാധ്യയിൽ മംഗളാദിയിലുണ്ട് വൃദ്ധിരാതി മധ്യത്തിലുണ്ട് ശിവശമരിഷ്ട കരേ ശിവശത് അന്തോണ്ട് അ ആ മൂന്ന് സ്ഥലത്തും മംഗളാചരണം മംഗളാചാരണില്ലെന്ന് പറയുന്നത് പക്ഷെ കിരണാവലിയിൽ എന്താണ് മംഗളവില്ല സമാപ്തി ഉണ്ട് മംഗളാഭാവേജാവേത്വം എതിരെ വിചാരമുണ്ട് ഉദയനാചാരേ ആചാര ഏഹ് ഉദയനാചാര്യ ഇതൊക്കെ പഠിച്ചു അതുകൊണ്ട് അവിടെ എന്താണ് വ്യാപ്തിയിൽ വരുന്നത് സഹചാരവും വ്യഭിചാരദോഷവും അത് വരുന്നതുകൊണ്ട് അത് വെച്ചുകൊണ്ട് നമുക്ക് പിന്നെ എന്തു ചെയ്യാം അനുമാനപ്രയോഗത്തിൽ ഹേതുവിൽ സദ്യ ഭാവം നിവൃത്തിത്വം പോലെയുള്ള ഹേത്വകാസങ്ങളെ കാണിക്കാം അത് വേറെ വിഷയം അനുമാനത്തിൽ അത് നമ്മൾ വളരെ വിശദമായി ഏത് ചർച്ച ചെയ്ത അത് ചോദിച്ചുകൊണ്ട് പറഞ്ഞതേയുള്ളൂ ഇടയ്ക്ക് ഫ്രീ ആയിരിക്കുന്ന സമയം ഒന്നടുത്ത് വായിച്ചു പോകണം അങ്ങനെ വെച്ചാൽ അത് ഓർമ്മ വരും വായിച്ചാൽ അത് ഓർമ്മ വരും പഴയ ക്ലാസ് കേട്ടത് ഓർമ്മ ക്കാൻ സമയം കിട്ടത്തി പരദൂഷണം പാര പണിയൽ ഇതിനൊക്കെ സമയം ഉണ്ടാവും ക്ലാസ് കേൾക്കുന്നതിന് മാത്രം ആൾക്കാർക്ക് സമയം കിട്ടും അല്ല അത് കേൾക്കുന്നുണ്ട് പോട്ടെ അതിന്റെ സമയത്ത് അത് നടന്നോട്ടെ ഒന്നുമില്ലെങ്കിലും തർക്കസംഗ്രഹം മൂലം ഇടയ്ക്ക് ഒന്ന് വായിച്ചു നോക്കാം അങ്ങനെ വന്നുകഴിഞ്ഞാൽ വെറുതെ എന്റെ മേലിൽ ദോഷാരോപണം ചെന്ന് ഒഴിവാക്കാൻ പഠിപ്പിക്കാത്ത പഠിച്ച് പഠിപ്പിച്ചു എന്നൊക്കെ പറയാ കുറച്ചുകൂടെ കഴിഞ്ഞ പിന്നെ എനിക്ക് ഇതൊന്നും ഓർമ്മ നിക്കത്തില്ല അങ്ങനെ ഒരു ഇപ്പത്തന്നെ കുറഞ്ഞു വരുകയാണ് എന്നാലും കുറെയൊക്കെ ഓർമ്മ വരുന്നുണ്ട് അപ്പോ ഇവിടെ പറയുന്ന യുക്തി അദ്വീതിയുടെ യുക്തി മനസ്സിലാവും ഗന്ധവ്യാപ്തമായ ഒന്ന് ഗന്ധാഭാവത്തിലില്ല എന്ന് പറയാൻ പറ്റൂല അനുഷ്ഠാശീതസ്പർശം ഗന്ധവ്യാപ്തമാണ് പ്രതിയത് പക്ഷേ ഗന്ധാഭാവമായ വായുവിലുണ്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ എവിടെ തമസൽ തദ്വ്യാപ്തം വ്യാപ്തം എന്ന് പറഞ്ഞാൽ വ്യാപ്തം ഇവിടെ അത് കണ്ടുപിടിക്കുക ഏഹ് ഗന്ധാ ഞാൻ വെറുതെ നിങ്ങളെങ്ങനെ ചിന്തിക്കുന്നു അറിയാതെ നിയമങ്ങളുണ്ടോ എങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളു അത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട പലയിടത്തും ഇങ്ങനെ പ്രയോഗങ്ങളുണ്ട് അപ്പൊ ഏതാണ് അതിന്റെ ശരിയായ അർത്ഥം തശബ്ദം എന്നു കഴിഞ്ഞാൽ പൂർവ്വത്തിന്റെ എന്ത് പറഞ്ഞോ അത് തന്നെ എടുക്കണം ഗന്ധാഭാവം തന്നെ പൂർവ്വത്തിൽ എന്ത് പറഞ്ഞോ അപ്പോ തദ്വ്യാപ്തമെന്ന് പറഞ്ഞാൽ ഗന്ധാഭാവേനം വ്യാപ്തം എന്നു പറഞ്ഞു അപ്പൊ ഗന്ധാഭാവമായിട്ട് വ്യാപ്തമായിരിക്കുന്ന ഏതാണ് പറയുന്ന അനുസരിച്ച് നീലരൂപഭാവം ഗന്ധാഭാവ വ്യാപ്തം എന്നെടുത്തു കഴിഞ്ഞാൽ നീലരൂപ ഭാവത്തെ തന്നെ എടുക്കണം അപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് നീലരൂപഭാവം തോമസിനോണ്ട് നീലമില്ല എന്നാണ് പക്ഷെ ഇവിടെ അടുത്ത് പറയുന്നത് അങ്ങനെയല്ല അടുത്തെന്താ പറയുന്നത് നീലരൂപം എന്ന് പറയുമ്പോ അത് ഗന്ധാഭാവ വ്യാപ്തം പറയാൻ പറ്റൂ പറ്റു സി പറയേണ്ടത് അല്ല നീലരൂപം ഗന്ധാഭാവ വ്യാപ്തം എന്ന് പറയാൻ പറ്റും അത് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു വ്യാപ്തിയില്ല ഇവിടെ വ്യാപ്തി എന്ന് പറയുന്നത് എന്താണ് എത്രയെത്ര നീലരൂപം തത്രോത്രം എത്ര ഗന്ധ അഭാവത്തത്ര നീലരൂപ അഭാവമാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നമ്മൾ അർത്ഥാലെന്ത് ശ്രദ്ധിക്കുന്നു അതെടുക്കും മനസ്സിലായോ അപ്പൊ രണ്ട് തരത്തിലെടുക്കാം ഒന്ന് ഗന്ധം ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ഗന്ധാഭാവം വ്യാപ്തം നീലരൂപം വിനസ്യാൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഗന്ധാഭാവത്താൽ വ്യാപ്തമായിരിക്കുന്ന എന്ത് നീലരൂപാഭാവം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു ഏഹ് നീലരൂപന്യസ്യ എന്താണ് നീലരൂപരും അങ്ങനെയെടുക്കാം അതൊന്ന് മനസിലാക്കാം പക്ഷെ ഇവിടെ ഇപ്പോ പൂർക്ഷി പറയുന്ന എന്താണ് എത്രയെത്ര ഗന്ധാഭാവ നീലരൂപാഭാവ പൂർവ്വക്ഷിയുടെ അഭിപ്രായം ശരിക്കും പൂർവ്വക്ഷത്ത് എന്നുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ പൂർവക്ഷി പറയുന്ന കാര്യം കൂടെ പറയണം എത്ര നീലരൂപം തത്ര ഗന്ധവത്വം എത്ര ഗന്ധാഭാവ നീലരൂപഭാവ അപ്പോ നീലരൂപം മുമ്പ് ഇന്നസ്യാന്ന് പറഞ്ഞാൽ എന്താണ് നീലരൂപം അപ്പോൾ വ്യാപകം എന്തായിരിക്കും ഗന്ധാഭാവം വ്യാപകം അടുത്ത് അങ്ങനെ സമാധാനം പറയും പൊറുവശത്ത് മാത്രം എടുക്കുന്നു അപ്പൊ ഗന്ധാഭാവത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ തദ്വ്യാപ്തം നീലരൂപം അഭിസാന്നുവെച്ചാൽ തദ്വ്യാപ്തം നീലരൂപം അല്ല അങ്ങനെ എടുക്കരുത് തദ്വ്യാപ്തം നീലരൂപഭാവം അഭിസ്യ അങ്ങനെ അന്വേഷിക്കുമ്പോ അല്ലെങ്കി പിന്നെ എങ്ങനെയെടുക്കാം അതെ അടുത്ത് ഇങ്ങനെ എന്നെടുത്തിട്ടവിടെ തശബ്ദം കൊണ്ട് എന്തെടുക്കണം ഗന്ധം തദ്വ്യാപ്തം നീല രൂപം തസ്യഭാവം അങ്ങനെ എടുക്ക രണ്ടായിരം അർത്ഥം ഒന്ന് തന്നെ അവിടെ താർക്കികന്മാരുടെ പ്രയോഗത്തിലൊരു കുഴപ്പം വരും കാരണം ഏകദേശ അന്വയം വരും രണ്ടിടത്തായാലും മനസ്സിലായോ ദന്താഭാവം എന്ന് പറയുന്ന പദത്തിനോട് അന്വയിക്കുന്നത് നീലരൂപാഭാവം എന്നാണെങ്കിൽ നീലരൂപ അഭാവം എന്നല്ല ഇവിടെ പറയുന്നത് നീലരൂപം തസ്യാഭാവം എന്നാണ് അപ്പൊ നീലരൂപാഭാവം എന്നൊരു പദമില്ല ഇനി ഗന്ധത്തോടാണ് അന്വയിക്കുന്നതെങ്കിൽ അഭാവത്തോടന്വയിക്കണം അപ്പോ അത് നമ്മളവിടെ ആശയം അനുസരിച്ച് എടുക്കണം ആശയം അനുസരിച്ച് ഓർവക്ഷി പറഞ്ഞിരിക്കുന്നതാണ് ഗന്ധാഭാവേ നീലരൂപഭാവ അപ്പൊ ഗന്ധാഭാവത്തെ അന്വയിക്കേണ്ടത് നീലരൂപത്തോടല്ല നീലരൂപ അഭാവത്തോടൊപ്പം ഗന്ധാഭാവേ നീല അതവിടെ നമ്മൾ യുക്തി ഉപയോഗിച്ച് മനസ്സിലാകണം അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ് ഏകദേശാന്യം വന്നു എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല ആശയം കിട്ടുന്നുണ്ടല്ലോ ഏകദേശാന്യ ഏകദേശാന്യം എന്ന് പറയും നമ്മള് മേഘാനത്തിൽ പഠിച്ചു എന്താണ് ചിലടത്തൊക്കെ അത്കുലം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് എന്ത് വരുന്നു ചൈത്രസ്യ ഗുരുതലം ഏകദേശാന്യം അംഗീകരിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ അംഗീകരിക്കുന്നുണ്ട് അതുപോലെ തർക്കീയമാർക്കാകുന്ന ഒരു വിഷയമേ അവരെല്ലായിടത്തും ഇങ്ങനെയൊക്കെ പ്രയോഗിക്കും കർശനമായ വ്യാകരണത്തിന്റെ ദൃഷ്ടിയിലൂടെ നോക്കേണ്ട കാര്യമില്ല അവിടെ ശൈലി അതാണ് ഗന്ധാഭാവേ പറയുന്ന ഇതാണ് നീലരൂപാഭാവം എത്രയെത്ര ഗന്ധാഭാവ അതിന് വേണ്ടിട്ട് അവരന്താ പറഞ്ഞു നീലരൂപാഭാവം എന്ന് പറയുന്നവരോ പറയും ഗന്ധാഭാവേത് നീലരൂപം തസ്യഅഭാവം എന്ന് പറയുമ്പോൾ ഗന്ധാഭാവോട് അന്വയിക്കണം നീലരൂപത്തോട് അന്വയിക്കണം നമുക്ക് തോന്നും നീലരൂപം എന്ന് പറഞ്ഞോ അനുവികളുടെ നീലരൂപത്തോടല്ലേ എത്തുവന്ന പക്ഷെ അനുവദിക്ക ശരിയാകത്തില്ലേ നീലരൂപഭാവം ഒരുമിച്ചടങ്ങുന്നു അപ്പ ശരിയാവും എത്ര ഗന്ദാഭാവ നീലരൂപ അങ്ങനെ അതാണ് ഈ ഗന്ധാഭാവേ തദ്വ്യാപ്തം എന്ന് വെച്ചാൽ ഗന്ധാഭാവ വ്യാപ്തം അത് അവിടെ കുഴപ്പം വരുന്നത് ഗന്ധാഭാവ വ്യാപ്ത നീലരൂപം അവന്ന് പറഞ്ഞു ഗന്ധാഭാവ വ്യാപ്തമാണോ നീലരൂപം എങ്ങനെയെടുക്കണം വ്യാപ്തം നീലരൂപം അപ്പൊ എന്ത് വരുന്നു ഏകദേശത്തോടെ അന്വേഷിക്കുന്നു ഗന്ധാഭാവത്തിന്റെ ഏകദേശമായ ഗന്ധത്തെടുത്തു ഏകദേശാന് എങ്ങനെ അർത്ഥം പറയണം ഗന്ധാഭാവേ തത് ശബ്ദം കൊണ്ട് എടുത്തു അപ്പൊ ഗന്ധഭാവത്തിന്റെ ഒരു ഭാഗത്തോട് തത്തിനെ അന്വേഷിച്ചു മനസിലായോ ഗന്ധാഭാവത്തിന്റെ ഒരു ഭാഗത്തോടെ അന്വേഷിച്ചു ദോഷമാണ് ഗന്ധാഭാവം ഒറ്റ പദമല്ലേ ഗന്ധസ്യഭാവം ഗന്ധാഭാവം സമസ്ത ഭോദത്തിന്റെ ഏകദേശത്തോടു കൂടി പുറത്തുള്ള ഒരു ഭോദത്തിന് അന്വയിക്കാൻ പാടില്ല അതുകൊണ്ട് സാധാരണഗതിയിൽ തദ്ശബ്ദം കൊണ്ട് പൂർവ്വത്തിൽ എന്തിനാണോ പറയുന്ന അതിനെ പറയുന്നു പൂർവ്വത്തിൽ എന്തു പറഞ്ഞു ഗന്ധാഭാവേ തദ്വ്യാപ്തം ഗന്ധാഭാവ വ്യാപ്തം നീലരൂപത്തോട് അന്വയിക്കരുത് നീലരൂപാഭാവം നടക്കണം എന്നുവച്ച നീലരൂപല്ല സാദിന്റെ അർത്ഥം നീലരൂപഭാവം നടക്കണം നീലരൂപഭാവം എന്താ ഭാവ്തംപഭാവരേക വ്യാപ്തി വ്യതിരേകേമാ അത് വ്യാപ്തം ഗന്ധം നീലരൂപം വ്യാപ്തം ഗന്ധം ഗന്ധം അതുകൊണ്ട് ഒന്നും ഗന്ധാഭാവത്തിൽ സമവ്യാപ്തിയാണ് എത്ര എത്ര ഗന്ധാഭാവം തത്ര നീലരൂപവും എത്ര എത്ര നീലരൂപാഭാവം തത്ര ഗന്ധം രണ്ടിനെയും വ്യാപ്തിയും വ്യാപകം നോക്കും അത് സാധാരണഗതി ഇവിടെ എന്താണ് രണ്ടും കൂടെ ഇരിക്കുന്ന ഒരു സ്ഥലമേ ഉള്ളു ഏത് നീലരൂപവും ഗന്ധം ഇരിക്കുന്ന ഒരു സ്ഥലമേ ഉള്ളു പൃഥ്വിയിൽ എത്രയെത്ര നീലരൂപം തത്രയത്ര ഗന്ധം എത്രയെത്ര ഗന്ധാഭാവം എവിടെയുണ്ട് ബാക്കിയുള്ള എല്ലാ ദ്രവ്യങ്ങളിലും അവിടെയെല്ലാം എന്തുകൊണ്ട് അഭാവമുണ്ട് അപ്പൊ സമം വ്യാപ്തിയായി ഏതിനേയും വ്യാപ്തിമാക്കാം വ്യാപകമാക്കാം ചെയ്തണ്ടോ ഇല്ല ഇത്രയും മതി ചോദ്യമായി എന്താണല്ലോ പറയുന്നത് എന്താണെങ്കിൽ അല്ല അവിടെ എത്തു വന്നല്ലോ ൂർവക്ഷണെന്ന് കാണിച്ചു തു ശബ്ദം തുന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി പൂർവക്ഷണം പൂർവക്ഷം സൂചിപ്പിക്കാൻ വേണ്ടിട്ട് എത്തു എന്നാരാണോ പറഞ്ഞത് എന്നിങ്ങനെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെത്തു ഗന്ധാഭാവത്ത് വ്യാപ്ത നീല ഒരു ബോധന സാതിരി ത അതും ശരിയല്ല അനുഷ്ഠാസീതസ്പർശിവ്യം ഗന്ധാദിവ്യാപ്ത അനുഷ്ഠാസീതസ്പർശം എന്ന് പറയുന്നത് പൃഥിവിൽ ഗന്ധം വ്യാപ്തമാണ് ഗന്ധം വ്യാപ്തമാണ് രൂപം വ്യാപ്തമാണ് രസവ്യാപ്തമാണ് അനുഷ്ഠാസീതസ്പർശം മരുതി പ്രതീതിരെ അംഗീകാര എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യാപ്തി ശരിയാകുന്നില്ലെങ്കിലും പ്രതീതി കൊണ്ട് മാത്രം പ്രത്യക്ഷ പ്രമാണം കൊണ്ട് മാത്രം നിങ്ങൾ അംഗീകരിക്കുന്നു താർക്കികന്മാർ നമ്മൾ പറഞ്ഞത് പ്രതീതരേവ അനുഷ്ഠാസീത സ്പർശത്തെ അനുഭവിക്കും എങ്ങനെയാണോ പ്രതീതി കൊണ്ട് മാത്രം നിങ്ങൾ സ്വീകരിക്കുന്നു വ്യാപ്തി ശരിയാവൂ വ്യാപ്തി അംഗീകരിച്ചവരും എത്ര ഗന്ധാഭാവത്ര അനുഷ്ഠാസീത സ്പർശ അഭാവം എന്ന് പക്ഷേ പ്രതീതി ബലത്തിൽ അംഗീകരിക്കുന്ന അവിടെ അനുഷ്ഠാശീത സ്പർശം കൊണ്ട് താർഗികന്മാർ ഭാഗ്യന്മാർ അംഗീകരിച്ചത് അതിന് പിന്നെ അവർക്ക് മാറി പറയാൻ പറ്റത്തില്ല ഓ ഞങ്ങൾക്ക് വായുവിൽ അങ്ങനെയില്ല അത് പറയാൻ പറ്റത്തില്ല അങ്ങനെ അംഗീകരിക്കുന്നത് ഞങ്ങളുടെ തമസിലും പ്രതീതി രീലൊരു വസ്യഗന്ധ ഭാവേ ഞങ്ങൾക്കും നീലരൂപത്തിനെന്താ പ്രമാണം പ്രത്യക്ഷരേവ നീലരൂപ നീലരൂപത്തിന്റെ പ്രതീതി കൊണ്ട് തന്നെ ഗന്ധ അഭാവേ അഭി അഭ്യുപേയ ഗന്ധാവത്തിലും എവിടെ ത്തിലും എവിടെ ഇവിടെ എന്തിന്റെ കാര്യം പറയുന്നത് നീലരൂപത്തിന്റെ കാര്യമാണ് അനുഷ്ഠാശീത സ്പർശത്തിന്റെ കാര്യമല്ല പ്രതീദേ ഗന്ധമില്ലെങ്കിലും ുന്നു അതുകൊണ്ട് അപ്പോ താർക്കിയനെ അംഗീകരിപ്പിച്ചു താർക്കിയനെ മുട്ടുകുത്തിച്ചു മനസിലായോ മുട്ടുകുത്തിച്ചെങ്ങനെയാണ് നീലരൂപ ഗന്ധമില്ലെങ്കിൽ നീലരൂപമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗന്ധമില്ലെങ്കിൽ അനുഷ്ഠാസീത സ്പർശവും ഇല്ലാതെ വരും അപ്പൊ ഇത് പ്രതിബന്ധിത്തരമല്ല നിങ്ങള് പറയുന്ന യുക്തിയിലെ വ്യഭിചാരത്തെ കാണിക്കുകയാണ് പക്ഷെ നിങ്ങളുടെ സിദ്ധാന്തമനുസരിച്ച് എന്താണ് ഗന്ധാഭാവം ഇല്ലാത്തടത്ത് അനുഷ്ഠാസീത സ്പർശവും അപ്പം നിങ്ങളുടെ സിദ്ധാന്തം തന്നെ നിങ്ങൾ തിരിച്ചു പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വ്യവിചാരദോഷം പറയാൻ പറ്റില്ല പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആ ദോഷം വരും ആ വരുന്ന ദോഷം അവർക്ക് സമ്മതമല്ല അവർ പറഞ്ഞതിലുള്ള പ്രസവമാണ് മറ്റത് പ്രതിബന്തി എന്ന് പറയുന്നത് അസതുത്തരമാണ് ദോഷം രണ്ടു വരവത്തും വരും അംഗീകരിച്ചേ പറ്റും നിവൃത്തിയില്ല ഇതങ്ങനെയല്ല നിങ്ങളുടെ ഞങ്ങൾ പറയുന്നത് ശരിയാണ് ഇതു ആഭാസ സമാനയോഗേമത എന്ന് പറയും ആഭാസത്തിൽ സമാനയോഗക്ഷേമത്വം വ്യഭിചാരം ആഭാസംന്ന് പറഞ്ഞാൽ വ്യഭിചാരം അതിൽ സമാനത വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ പേരിൽ ഒരു വ്യഭിചാരം കാണിക്കാൻ ശ്രമിച്ചപ്പം ആ ദോഷം എവിടെ വന്നു നിങ്ങളുടെ സിദ്ധാന്തമനുസരിച്ച് തന്നെ വന്നു ആഭാസ സമാന യോഗ ക്ഷേമ മറ്റ് പ്രതിബന്ധിത്തർ രണ്ടും രണ്ടാണ് ഇത്രയും വ്യഭിചാരം ആഭാസത്തിൽ സമാന യോഗേമത യോഗക്ഷേമങ്ങൾ തുല്യമായിരുന്നു അല്ലെ നിങ്ങൾ കാണിച്ച വ്യഭിചാരം നിങ്ങൾക്ക് തന്നെ പാരയായി ഇതാണ് പാര ഒന്നാം തരം പാര മറുപാര ഏഹ് മറുപാര ശരിക്കും അപ്പൊ സ്വന്തം സിദ്ധാന്തത്തെ ഉപേക്ഷിക്കേണ്ടി വരുന്നു മറ്റങ്ങനെയല്ല രണ്ടുപേരുടേലും സമാധാനമില്ല മനസ്സിലായോ എങ്ങനെ തമസ് വെളിച്ചമില്ലാതെ പ്രത്യക്ഷമാകും അഭാവമായി സ്വീകരിച്ചാലും പറ്റിയില്ല കൃപിയമായും സ്വീകരിച്ചാലും ദോഷമില്ല അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുസ്തി മത്സരം കഴിഞ്ഞിട്ട് അവസാനം രണ്ടുപേരും ഒന്ന് കൈ കൊടുത്ത് പിരിയുന്നില്ല അതുപോലെ രണ്ടുപേരും കൈ കൊടുത്ത് പിരിയുന്നു അതുപോലെയാണ് ഇത് കൈ കൊടുത്ത് പിരിയല്ല ഫ്ളാറ്റായി ഫ്ളാറ്റ് ആയി ആദ്യം പാരണിതോ ഫ്ലാറ്റായി പോയി അവന്റെ സിദ്ധാന്തത്തിന് തന്നെ വിരോധം വന്നു ലഭിജ അതാണ് പറയുന്ന ആഭാസ സമാന യോഗക്ഷമർക്കും വിടുന്നു താർക്കയും പറയുന്ന നമുക്കൊന്നുകൂടെ ഒന്ന് പിടിച്ചു നോക്കാം താർക്കേന്റെ വ്യക്തി എന്താ പറയുന്നത് അതാ പാകശസ് ഗന്ധാദിന വ്യാപ്തി തർഹി അവൻ പറയുന്നു നിങ്ങൾക്ക് ഞങ്ങളുടെ സിദ്ധാന്തം മനസ്സിലാകാത്തോണ്ടാണ് ഞങ്ങൾ എന്താ പറയുന്നത് എത്ര എത്ര പാകജ അനുഷ്ണാശീലസ്പർശം എത്ര എത്ര ഗന്ധാഭാവ തത്ര താകജ അനുഷ്ണാശീലസ്പർശാഭാവ എന്താ തനിക്ക് പറയാമോ ഇതുപോലെയൊന്ന് ഒന്ന് പറഞ്ഞു നോക്കി അദ്വീതയോട് ചോദിക്കുകയാണ് കാരണം രൂപാതി ചതുയം പൃഥിവി പാകജം അനിത്യം അനിത്യം ഇത് പഠിച്ചിട്ടുണ്ടോ തർക്കസംഗ്രഹത്തിൽ ആർക്കെങ്ങനെ സംശയമുണ്ടോ ഉണ്ടോ അന്യത്ര പാകജം നിത്യം നിത്യം അതുകൂടെ ഓർക്കണം അപ്പോ വ്യാപ്തി എങ്ങനെ പറയേണ്ടി വരും കാരണം പ്രതിവ്യാധി നാരെണ്ണത്തിലും എന്തുവരുന്നു രൂപാതിച്ചാശ്രയം രൂപം രസം ഗന്ധം തർക്കമെല്ലാം പാകജമാണ് അനിത്യവുമാണ് അത് ഇങ്ങനെയൊരു വ്യാപ്തി പറയാം എത്ര എത്ര അനുഷ്ഠാശീത പാകജ അനുഷ്ഠാശീത സ്പർശ അത്രയത്ര ഗന്ധു പറയാമോ പൃഥിവിൽ നോക്കുക പാകജ അനുഷ്ഠാശീത സ്പർശം കൊണ്ട് അവിടെ ഗന്ധമുണ്ട് നാലെണ്ണവും പാകജമാകുന്ന ഒരു സ്ഥലത്തേ ഉള്ളൂ ഇവിടെ നാലെണ്ണം പാകജമാണ് പക്ഷെ പ്രതിവിനേ ഉള്ളൂ ഇനി തിരിച്ചു പറഞ്ഞു നോക്കുക എത്ര എത്ര ഗന്ധാഭാവു സ്പർശവത്വ അഭാവ ശരിയാവും ഉണ്ടല്ലോ വായുവിൽ ഗന്ധാഭാവ തത്ര പാകജ അനുഷ്ണാശീത സ്പർശവത്വഭാവം ഉണ്ടോ സർവ്വസമ്മതമായി അംഗീകരിക്കണം ഉണ്ടോ സംശയമുണ്ട് എത്രയെത്ര ഗന്ധാ ഭവഹ വായുവിനെടുക്കുക പാചക പാക കൃഷ്ണാശീത സ്പർശം ഉണ്ടോ അവിടെ ഉറപ്പാണല്ലോ പക്ഷെ പ്രശ്നം വരുന്നെന്താണോ അവിടെ അനുഷ്ഠാചീത സ്പർശമുണ്ട് അതാണല്ലോ നമ്മളെല്ലാരും പറയും അനുഷ്ഠാചിത സ്പർശമുണ്ടോ അപ്പോ വായുവിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എത്രയെ പറയാൻ പറ്റുന്ന എന്താണ് അവിടെ പാകജമായ അനുഷ്ഠാചീത സ്പർശം ഇല്ലാ പക്ഷെ അനുഷ്ഠാചീത സ്പർശം ഇത്രയും മനസ്സിലായല്ലോ ഇനി നമ്മുടെ വില്ലന്റെ അടുത്ത് പോകും ആരാണ് വില്ലൻ തോമസ് അവിടെ നോക്കുക ഇങ്ങനെ ഒരു വ്യാപ്തി പറയാം എത്രയെത്ര പാകനീല തന്ധവത്വം ഉണ്ടോ ഇല്ല എത്രയെത്ര പാക നീലരൂപം തത്രയത്ര ഗന്ധവത്വം പറയാമോ ഇല്ല എന്ത് നീലരൂപം രൂപ രസ ഗന്ധസ്പർശം നാലും പ്രതിവിയിൽ പാകജമാണ് പ്രതിയിലെ കാര്യം പറയുന്നു എത്രയെത്ര പാക നീലരൂപം തത്ര ഗന്ധവത്വം പ്രതിവിൽ ശരിയാണല്ലോ സമ്മതിച്ചല്ലോ ഇനി എത്രയെത്ര ഗന്ധാവീലൂപ പാകജ നീലരൂപം പറയാൻ പറ്റൂ നീലരൂപാവ പറയാൻ പറ്റൂ വായുവില് നീലൊരുപം ഉണ്ടോ അല്ല ഇതിന്റെ തമസി തമസില് നീലൊരുപം ഉണ്ടോ പാകമാണോ പാകജമല്ലോ അല്ല അപ്പൊ അവിടെ എന്തുണ്ട് പാകജമായ നീലരൂപമുണ്ട് ഗന്ധമുണ്ട് ഗന്ധാഭാവം ഉണ്ട് പറയുന്നു അല്ല പ്രത്യക്ഷ ശുദ്ധമായിരിക്കുന്ന നീലരൂപം പ്രതീതി ശുദ്ധമായിരിക്കുന്ന നീലരൂപത്തെ അംഗീകരിക്കുന്നു അത് പാകജമാണോ അത് അപാകമാണോന്നുള്ളതാണ് അത് അപാകജമാണോ അപ്പോ നിങ്ങള് പറയുന്നത് എന്താണോ എവിടെയാണോ ഗന്ധാഭാവമുള്ളത് അവിടെ അപാകജമായ അനുഷ്ഠാചിത സ്പർശം ഇല്ലെന്ന് പറയാൻ പറ്റൂ ബന്ദാഭാവം ഉള്ളിടത്തും അനുഷ്ഠാചീത സ്പർശമുണ്ട് അനുഷ്ഠാചിതസ്പർശം ഇല്ല അങ്ങനെ ഒരു വ്യാപ്തിയെ പറയാൻ പറ്റും പൊതുവെ പറയാൻ പറ്റത്തില്ല പൊതുവേ അത് പറയാൻ പറ്റത്തില്ല ഞങ്ങൾ ചോദിക്കുന്ന വ്യാപ്തി അതല്ല നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ നീലരൂപം എന്ന് പറയുന്ന എന്റെ വ്യാപ്തി പറയുന്നത് പാകജമായ നീലരൂപത്തിന്റെ ആണോ അതോ അപാകമായ നീലരൂപത്തിന്റെയാണോ പാകജമായതാണ് ആ പാകജമായ നീലരൂപം എത്രയെത്ര പൃഥ്വി ആ സമയം തമസിലേക്ക് വരുമ്പം അവിടെ പാകജമായ നീലരൂപത്തെ സ്വീകരിച്ചു അംഗീകരിക്കുന്നുണ്ട് അപ്പൊ എത്ര എത്ര ബന്ധാഭാവ പാകര നീലരൂപ അഭാവമുണ്ട് പക്ഷെ അവിടെ എന്തുണ്ട് നീലരൂപമുണ്ട് അത് നിങ്ങൾ അംഗീകരിക്കുമോ നിങ്ങളുടെ വ്യാപ്തി അനുസരിച്ച് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ അപ്പോൾ നീലരൂപം ഇല്ലെന്നുള്ള താർക്കിയ സിദ്ധാന്തം താർക്കിയുടെ സിദ്ധാന്തത്തിന് തന്നെ വരും എത്ര എത്ര മെന്താ ഭാവ നീലരൂപം നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരും പാകചനീല രൂപം എന്ന് പറയുന്നതിന് തമസ്സിൽ അംഗീകരിക്കാൻ പറ്റത്തില്ല തമസിനീകരിക്കാൻ പറ്റും ഇല്ല വായി വായിച്ചു നോക്കുക അതാ പാകജ സീവ അനുഷ്ഠാസീത സ്പർശ്യ അങ്ങനെ പറയുന്നത് അനുഷ്ഠാസീതം ഗന്ധാദിന എത്രയെത്രീതം പാകജ തന്ധമെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പാകജസൈവ കാളിമഗുണ ഗന്ധാതി വ്യാപ്തിരുതി തുല്യം പറയേണ്ടി വരും പാകജമായ ഗുണം അതിന് എന്തു പറയേണ്ടി വരും ഗന്ധവ്യാപ്തി പറയേണ്ടി വരും എവിടെ താമസിച്ചില്ല അത് പറയാൻ പറ്റൂ പാകജി പാകമില്ല അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് ഒരു ശകലം കൂടെ ബാക്കിയുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നിങ്ങളിതിൽ ഹിന്ദിയിൽ അർത്ഥം എഴുതിയിരിക്കുന്ന വായിച്ചു പോകും ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്താണോ ഇത് സംസ്കൃതത്തിൽ അല്ല മനസ്സിലായില്ല ഹിന്ദി സിമ്പിളാണ് ഹിന്ദിയുടെ പ്രശ്നമല്ല ഹിന്ദിയില് ഞാനൊരു അഞ്ചാം ക്ലാസ് കാരനാണ് ഹിന്ദിയുടെ കുഴപ്പമില്ല ഹിന്ദി എന്ന് പറയുന്നത് എഴുതിയിരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലായാൽ ഈ പറഞ്ഞത് മനസ്സിലായി ഇവിടെ സംസ്കൃതം അപ്പം നിങ്ങൾ ഹിന്ദി വായിച്ചാദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക ഹിന്ദി വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ മേളി പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി നടത്തും അപ്പൊ ഹിന്ദി വായിച്ച് നോക്കിയിട്ട് വരിക ഹിന്ദി സിമ്പിൾ ഹിന്ദി ഹിന്ദി എങ്ങനെയാ പ്രാകൃത ഹിന്ദി സംസ്കൃതത്തിലെ അന്വയം ഇതിൽ ഹിന്ദി ഭാഷയിൽ ഉപയോഗിക്കുകയാണ് ഇവർ പലരുടെയും അത് ഈ ലഘു സിദ്ധാന്തകമുദിയുടെ തർജ്ജമകളിലും കാണുന്നുണ്ട് സംസ്കൃതത്തിലെ അന്വയം തന്നെ ഹിന്ദിയിലും അതേപോലെ പക്ഷെ ഇവരെല്ലാം ഹിന്ദി പണ്ഡിതന്മാരാണല്ലോ എഴുന്നൊക്കെ അവരുടെ ഹിന്ദി മാതൃഭാഷയല്ലേ അത് ശരിയാണ് ഈ മലയാളത്തിൽ ഈ കൈക്കുളം രാമവാരി ഓ അതുപോലെ ആ പ്രശ്നം വെച്ചുകഴിഞ്ഞാൽ ഭാഷ കൊണ്ട് മാത്രം വിഷയം മനസ്സിലാക്കാൻ പറ്റിയില്ല വിഷയത്തെക്കുറിച്ച് ഗ്രാഹ്യം വേണം പക്ഷെ നമ്മള് ഹിന്ദി പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ആ പ്രശ്നം അനിയപ്പെടത്തില്ല നമ്മൾ ഹിന്ദി പഠിച്ചിട്ടില്ലല്ലോ പള്ളി കൊടുത്തി പഠിച്ചപ്പോൾ ഒന്നും പഠിച്ചില്ല പിന്നെയും പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല നമുക്കാകെ ഹിന്ദി എന്ന് പറയുന്ന ഏതാണ് ഈ താഴെ എഴുതിയിരിക്കുന്നതാണ് അതുകൊണ്ട് നമുക്കിതൊരു സൂപ്പർ ഹിന്ദിയാണ് ഇതിലൊരു പ്രശ്നമേ ഇല്ല ഇതുവരെ തോന്നിയിട്ടില്ല പക്ഷെ ഹിന്ദി പഠിച്ചവർക്കത് തോന്നും ഹിന്ദി പഠിക്കാൻ പാടില്ലായിരുന്നു ഇതുകൂടെ പഠിച്ചിട്ട് ഹിന്ദി പഠിക്കണവര് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മലയാളവും കൈക്കുളക്കരുടെ ആഭവരില് മലയാളവും തമ്മിലുള്ള ഏഹ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മലയാളവും കൈക്കുളക്കരുടെ ആഭാരില് മലയാളവും തമ്മിലുള്ള പറ്റുള്ളൂ പക്ഷെ നിങ്ങളുള്ള ഏത് ശാസ്ത്ര ഗ്രന്ഥത്തില് ഹിന്ദി വായിച്ചാലും ഞങ്ങളെപ്പോലുള്ളവർക്ക് മനസ്സിലാവും ഒരു പ്രയാസമില്ല ഹിന്ദി വളരെ ക്ലിയറാണ് പക്ഷെ മറ്റേ ഹിന്ദി വായിച്ചാലെല്ലാം മനസ്സിലാവത്തില്ല സാഹിത്യമൊന്നും വായിച്ചു നമുക്കത് അങ്ങനെ ആസ്വദിക്കാൻ പറ്റത്തില്ല കാരണം നമുക്ക് ആ ഹിന്ദി അറിയത്തില്ല പദങ്ങളുടെ ഒരു ഈ പറയുന്ന അന്വയം ഒന്നും നമുക്കറിയത്തില്ല ഹിന്ദി പഠിക്കാത്തത് കൊണ്ട് പിന്നെ പിന്നെ നമുക്ക് ഹിന്ദിയുടെ പരിചയം വരുന്ന വടക്കേന്ദി പഠിപ്പിക്കുന്ന ഹിന്ദിയിൽ ആ ഈ ഹിന്ദി അവിടെ പറയുന്നു ക്ലാസ്സുകളിൽ ക്ലാസ്സുകളിലൊക്കെ ഈ ഹിന്ദി ആ പറയുന്നു പക്ഷേ സംസാരിക്കുമ്പോൾ സാധാരണമായിട്ടുള്ളൂ ഏഹ് സംസാരിക്കുമ്പോ ഇതൊന്നും പറയില്ല സംസാരിക്കുമ്പോ അത് അതും വേറൊരിതാണ് സംസാരിക്കുമ്പോ പറയുന്നതിന് വാരന്തുപോന്നും ഇല്ലാത്ത ഹിന്ദിയാണ് അതും നിങ്ങള് പഠിക്കുന്ന ഹിന്ദിയല്ല സാഹിത്യ ഹിന്ദി അല്ല അതൊന്നും നമുക്ക് മനസ്സിലാവും അതും പരിചയമില്ല ഏഹ് ഹിന്ദിയും ആ പഠിച്ചവരെ സംബന്ധിച്ച് സംസാരിക്കുന്ന ഹിന്ദിയും പട്ടാള ഹിന്ദിയിലും പ്രയാസം വരും ഇതിലും പ്രയാസം മെച്ച നമ്മളാണ് നമുക്ക് രണ്ട് ഗുണമുണ്ട് ഇതും മനസ്സിലാവും അതും മനസ്സിലാവും നിങ്ങളെയൊക്കെ സംബന്ധിച്ചൊരു ഹിന്ദിയേ ഉള്ളൂ പഠിച്ച ഹിന്ദി അതുകൊണ്ട് ഒരു ഉപയോഗാനും അതിനല്ലാതെ സാഹിത്യം മനസ്സിലാക്കാനല്ലാതെ പ്രയോഗം എന്ന് പറയുന്നത് ക്ലാസ് റൂമിൽ പ്രയോഗിക്കാൻ പറ്റും സാഹിത്യങ്ങളൊക്കെ വിചാരണം ചെയ്യാൻ നല്ലതാണ് പൂർണഭയ പൂർണമാതായ പൂർണനയാവശിഷ്യത ഓം ശാന് ശാതി ഓം ശ്രീഗുരുഭ്യോം നമുരി